ും ദീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ഗ്രഹം ക്ഷയിച്ച് ക്ഷയിച്ചും വന്നു ദാവീദന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു ഇസ്രയേൽക്കാരിയായ അഹിനോവം പ്രസവിച്ച അമ്നോൻ അവന്റെ ആദ്യ കർമേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ പ്രസവിച്ച കിലയാബ് രണ്ടാമത്തവൻ ഗഷൂർ രാജാവായ തൽമയിയുടെ മകൾ മയക്കയുടെ മകനായ അബ്ശാലോം മൂന്നാമത്തവൻ ഹഗീത്തിന്റെ മകനായ അദൂനിയാവ് നാലാമത്തവൻ അബീതാലിന്റെ മകനായ ഷഫത്യാവ് അഞ്ചാമത്തവൻ ദാവീദിന്റെ ഭാര്യയായ യഗ്ള പ്രസവിച്ച വൻ ഇവരാകുന്നു ഹെബ്രോനിൽ വെച്ച് ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അബ്നേർ ഷൌലിന്റെ ഗ്രഹത്തിൽ തന്നെത്താൻ ബലപ്പെടുത്തിയിരുന്നു എന്നാൽ ഷൌലിന് അയ്യാവിന്റെ മകളായി റിസ്പ എന്നുപേരുള്ള ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു ഈശ് ബോഷേത്ത് അബ്നേറിനോട് നീ എന്റെ അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്നത് എന്ത് എന്ന് ചോദിച്ചു അബ്നേർ ഈശ് ബോഷത്തിന്റെ വാക്കുനിമിത്തം ഏറ്റവും കോപിച്ചു പറഞ്ഞത് ഞാൻ യഹൂദപക്ഷത്തിലുള്ള ഒരു നായ്ത്തലയോ ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ശൌലിന്റെ ഗ്രഹത്തോടും അവന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയകാണിക്കുകയും നിന്നെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ ശൗലിന്റെ ഗ്രഹത്തിൽ നിന്ന് രാജത്വം മാറ്റുകയും ദാവീദന്റെ സിംഹാസനം ദാൻ മുതൽ ബർഷവ വരെ ഇസ്രയേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യാൻ തക്കവണ്ണവും യഹോവ ദാവിദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്ന ദൈവം അബ്നേറിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ അവൻ അബ്നേറിനെ ഭയപ്പെടുക കൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിന്റെ എടുക്കൽ ദൂതന്മാരെ അയച്ചു ദേശം ആർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക എന്നാൽ എല്ലാ ഇസ്രയേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്കുണ്ടാകും എന്ന് പറയിച്ചു അതിനവൻ നല്ലത് ഉടമ്പടി ചെയ്യാം എന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു നീ എന്നെ കാണുമാൻ വരുമ്പോൾ ആദ്യം തന്നെ ഷൗലിന്റെ മകളായ മീഖിളിനെ കൂട്ടിക്കൊണ്ടുവരാതിരുന്നാൽ നീ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു ദാവീദ് ഷൌലിന്റെ മകനായ ഈശ് അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ വിവാഹ നിശ്ചയത്തിന് ഫിലിസ്തീരുടെ അഗ്രചർമ്മം കൊടുത്തുവാങ്ങിയ എന്റെ ഭാര്യയായ മീഖളിനെ ഏൽപ്പിച്ചു തരിക എന്നു പറയിച്ചു ഈശ് ബോഷേദ് അവളെ ലയിഷിന്റെ മകനായി അവളുടെ ഭർത്താവായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് വരുത്തി അവളുടെ ഭർത്താവ് കരഞ്ഞും കൊണ്ട് വരെ അവളുടെ പിന്നാലെ വന്നു അഗ്നേറമനോട് നീ മടങ്ങിപ്പോക എന്നു പറഞ്ഞു അവൻ മടങ്ങിപ്പോയി എന്നാൽ അബ്നേർ ഇസ്രയേൽ മൂപ്പന്മാരോട് സംസാരിച്ചു ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ചെയ്യുവീൻ ഞാൻ എന്റെ ദാസനായ ദാവീദിന്റെ കൈകൊണ്ട് എന്റെ ജനമായ ഇസ്രയേലിനെ ഫിലിസ്തീർ മുതലായ സകല ശത്രുക്കളുടെ കൈയിൽ നിന്നും രക്ഷിക്കുമെന്ന് യഹോവ ദാവിദിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അബ്നേർമീനോടും പറഞ്ഞു പിന്നെ അബ്നേർ ഇസ്രയേലിനും ബെന്യാമീൻ ഗ്രഹത്തിനൊക്കെയും സമ്മതമായതെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി ഇങ്ങനെ അബ്നേരും അവനോടുകൂടെ ഇരുപത് പുരുഷന്മാരും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു ദാവീദ് അബ്നേരിനും കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു അബ്നേർ ദാവീദിനോട് ഞാൻ ചെന്ന് ഇസ്രയേലൊക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ എടുക്കൽ കൂട്ടിവരുത്തും അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും രാജാവായിരിക്കാം എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് അബ്നേറിനെ യാത്രയച്ചു അവൻ സമാധാനത്തോടെ പോയി അപ്പോൾ ദാവീദിന്റെ ചേവകരും യോവാബും ഒരു കവർച്ചപ്പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങിവന്നു എന്നാൽ ദാവീദ് അബ്നേറിനെ യാത്രയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവിദിന്റെ അടുക്കൽ ഇല്ലായിരുന്നു യോവാബും കൂടെയുള്ള സൈന്യമൊക്കെയും വന്നപ്പോൾ നേരിന്റെ മകനായ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്ന് അവനവനെ യാത്രയച്ചു അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാബിന് അറിവ് കിട്ടി യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു എന്താവുന്നു ഈ ചെയ്തത് അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നല്ലോ അവനെ പറഞ്ഞയച്ചത് എന്ത് അവൻ പോയല്ലോ നേരിന്റെ മകനായ അബ്നേരിനെ നീ അറിയയില്ലേ നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും വരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെയും അറിവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു യോവാബ് ദാവീദിന്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു അവർ അവനെ സീത കിണറ്റിങ്കൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു ദാവീദ് അത് അറിഞ്ഞില്ലാതെ അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാദുക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്തു കുത്തി കൊന്നുകളഞ്ഞു ദാവിതത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല അത് യോവാബിന്റെ തലമേലും അവന്റെ പ്രതിർഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ യോവാബിന്റെ ഗ്രഹത്തിൽ സർവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്നു പറഞ്ഞു അബ്നേർ ഗിബയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസാഹേലിനെ കൊന്നതു നിമിത്തം യോവാബും അവന്റെ സഹോദരനായ അബിഷായിയും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു ദാവീദ് യോവാബിനോടും അവനോട് കൂടെയുള്ള സകല ജനത്തോടും നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് അബ്നേരിന്റെ മുമ്പിൽ നടന്ന് വിലപിപ്പീനെന്ന് പറഞ്ഞു ദാവീദ് രാജാവ് ശവമഞ്ചത്തിന്റെ പിന്നാലെ നടന്നു അവർ അബ്നേരിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അപ്നേരിന്റെ ശവക്കുഴിക്കൽ ഉറക്കെ കരഞ്ഞു സകല ജനവും കരഞ്ഞു രാജാവ് അപ്നേറിനെക്കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്നാൽ അപ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത് നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു നേരം വൈകും മുമ്പേ ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കും മുമ്പേ ഞാൻ അപ്പമെങ്കിലും മറ്റു യാതൊന്നെങ്കിലും ആസ്വദിച്ചാൽ ദൈവമെന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു ഇത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതൊക്കെയും സർവജനത്തിനും ബോധിച്ചിരുന്നത് പോലെ ഇതും അവർക്ക് ബോധിച്ചു നേരിന്റെ പുത്രനായ അബ്നേരിനെ കൊന്നത് രാജാവിന്റെ അറിവോടെയല്ല എന്ന് സകല ജനത്തിനും ഇസ്രയേലിനൊക്കെയും അന്ന് ബോധ്യമായി രാജാവ് തന്റെ ഭൃത്യന്മാരോട് ഇന്ന് ഇസ്രയേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയി എന്ന് നിങ്ങളറിയുന്നില്ലയോ ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ ദുഷ്ടത പ്രവർത്തിച്ചവന് അവന്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു